അധ്യായം രണ്ട് യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീഷയോടു കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു ഏലിയാവ് എലീഷയോട് നീ ഇവിടെ താമസിച്ചു യഹോവ എന്നെ ബേധലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എലീശ അവനോട് യഹോവയാണെ നിന്റെ ജീവനാണേ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ബേധലിലേക്ക് പോയി ബേധലിലെ പ്രവാചക ശിഷ്യന്മാർ എലീഷയുടെ അടുക്കൽ പുറത്തുവന്ന് അവനോട് ഈ ഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലക്കൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിനവനു അതെ ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്നു പറഞ്ഞു എലിയാവ് അവനോട് എലീഷെ നീ ഇവിടെ താമസിച്ചുകൊള്ളുക യഹോവ എന്നെ യരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനവൻ യഹോവയാണെ നിന്റെ ജീവനാണേ ഞാൻ നിന്നെ വിടുകയില്ല എന്നു പറഞ്ഞു അങ്ങനെ അവർ എരിഹോവിലേക്ക് പോയി യരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ യലീഷയുടെ അടുക്കൽ വന്ന് അവനോട് യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലക്കിൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ അതെ ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പീം എന്നു പറഞ്ഞു ഏലിയാവ് അവനോട് നീ ഇവിടെ താമസിച്ചു കൊള്ളുക യഹോവ എന്നെ യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നു എന്നു പറഞ്ഞു അതിനവൻ യഹോവയാണെ നിന്റെ ജീവനാണെ ഞാൻ നിന്നെ വിടുകയില്ല എന്നു പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും കൂടെ പ്രവാചക ശിഷ്യന്മാരിൽ അമ്പത് പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്തുനിന്നു അവർ ഇരുവരും യോർദാനരികെ നിന്നു അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട് ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം ചോദിച്ചു കൊള്ളുക പറഞ്ഞു അതിന് എലീശ നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു അതിനവൻ നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത് ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കങ്ങനെ ഉണ്ടാകും എന്നു പറഞ്ഞു അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും അവരെ തമ്മിൽ വേർപിരിച്ചു അങ്ങനെ ഏലിയാവളോ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി എലീഷ അത് കണ്ടിട്ട് എന്റെ പിതാവേ എന്റെ പിതാവേ ഇസ്രയേലിന്റെ പേരും തേരാളികളും എന്ന് നിലവിളിച്ചു പിന്നെ അവനെ കണ്ടില്ല അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് രണ്ടുഖണ്ഡമായി കീറിക്കളഞ്ഞു പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്നു യോർദാനെ നിന്നു ഏലിയാവിൻമേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു എലീശ ഇക്കരയ്ക്ക് കടന്നു എലിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റു ചെന്ന് അവന്റെ മുമ്പിൽ സഷ്ടംഗം വീണു അവരവനോട് ഇതാ ഇതാ കൂടെ അമ്പത് ബലശാലികളുണ്ട് അവർ ചെന്ന് നിന്റെ യജമാനനെ അന്വേഷിക്കട്ടെ പക്ഷേ യഹോവയുടെ ആത്മാവ് അവനെ എടുത്ത് വല്ല താഴ്വരയിലോ എങ്ങാനും ഇട്ടിട്ടുണ്ടായിരിക്കും എന്നു പറഞ്ഞു അതിനവൻ നിങ്ങളയക്കരുത് എന്നു പറഞ്ഞു അവർ അത്യന്തം നിർബന്ധിച്ചപ്പോൾ അവൻ എന്നാൽ അയച്ചു കൊൾവിൻ എന്നു പറഞ്ഞു അവർ അമ്പത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല അവൻ എരിഹോവിൽ പാർട്ടിരുന്നതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ മടങ്ങിവന്നു അവൻ അവരോട് പോകരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്നു പറഞ്ഞു അനന്തരം ആ പട്ടണക്കാർ എലീഷയോട് ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നുവെന്നു പറഞ്ഞു അതിനവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പ് ഇടുവിനെന്നു പറഞ്ഞു അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പ് ഇട്ടു ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നു പറഞ്ഞു യലീഷ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു പിന്നെ അവൻ അവിടെ നിന്ന് ബേധലിലേക്ക് പോയി അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടുവെന്ന് അവനെ പരിഹസിച്ചു അവനോട് കയറുവ എന്ന് പറഞ്ഞു അവൻ പിന്നോക്കം തിരിഞ്ഞ് അവരെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശപിച്ചു അപ്പോൾ കാട്ടിൽ നിന്ന് രണ്ട് പെൺകരളി ഇറങ്ങിവന്ന് അവരിൽ നാൽപ്പത്തിരണ്ട് ബാലന്മാരെ കീറിക്കളഞ്ഞു അവൻ അവിടം വിട്ട് കാർമേൽ പർവ്വതത്തിലേക്ക് പോയി അവിടെ നിന്ന് ശമരിയിലേക്ക് മടങ്ങിപ്പോന്നു